പങ്കു ചേർക്കുന്നവർ ഇപ്രകാരം പറയും അള്ളാഹു സുബാനഹു വായാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പങ്കു ഞങ്ങളുടെ പിതാക്കളും അപ്രകാരം ചെയ്യുമായിരുന്നില്ല ഞങ്ങൾ യാതൊന്നിനെയും നിഷിദ്ധമാക്കുമായിരുന്നില്ല മുൻപുള്ളവരും ഇപ്രകാരം നിഷേധിച്ചു നമ്മുടെ ശിക്ഷ അവർ രുചിക്കുന്നതുവരെ പറയുക നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന എന്തെങ്കിലും അറിവ് നിങ്ങളുടെ പക്കലുണ്ടോ നിങ്ങൾ വെറും ഊഹങ്ങളെയാണ് പിന്തുടരുന്നത് നിങ്ങൾ ഊഹിച്ചു പറയുക മാത്രമാണ് ചെയ്യുന്നത്